അനന്തരം സാത്താൻ ഇസ്രയേലിനു വിരോധമായി എഴുന്നേറ്റ് ഇസ്രയേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു ദാവീദ് യോവാബിനോടും ജനത്തിന്റെ പ്രഭുക്കന്മാരോടും നിങ്ങൾ ചെന്ന് ബെർഷെബ മുതൽ ദാൻ വരെ ഇസ്രയേലിനെ എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിന് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു അതിന് യോവാബ് യഹോവ തന്റെ ജനത്തെ ഉള്ളതിൽ നൂറിരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ എങ്കിലും എന്റെ യജമാനായ രാജാവേ അവർ ഒക്കെയും യജമാനന്റെ ദാസന്മാരല്ലയോ യജമാനൻ ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ത് ഇസ്രയേലിന് കുറ്റത്തിന്റെ കാരണമായി തീരുന്നത് എന്തിന് എന്ന് പറഞ്ഞു എന്നാൽ യോവാബ് രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു അതുകൊണ്ട് ോവാ പുറപ്പെട്ട് എല്ലാ ഇസ്രയേലിലും കൂടി സഞ്ചരിച്ച് യെരുസലമിലേക്ക് മടങ്ങി വന്നു യോവാബ് ജനത എണ്ണിയ സംഖ്യ ദാവീദിന് കൊടുത്തു ഇസ്രയേലിൽ ആയുധപാണികളെല്ലാം കൂടി പതിനൊന്ന് ലക്ഷം പേർ യഹൂദയിൽ ആയുധപാണികൾ നാല് ലക്ഷത്തി എഴുപതിനായിരം പേർ എന്നാൽ രാജാവിന്റെ കൽപ്പന യോവാബിന് വെറുപ്പായിരുന്നതുകൊണ്ട് അവൻ ലേവിയെയും ബെന്യാമീനെയും അവരുടെ കൂട്ടത്തിൽ എണ്ണിയില്ല ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇസ്രയേലിനെ ബാധിച്ചു അപ്പോൾ ദാവീദ് ദൈവത്തോട് ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു എന്നാൽ അടിയന്റെ അകൃത്യം ക്ഷമിക്കണമേ ഞാൻ വലിയ പോഷത്വം ചെയ്തു എന്ന് പറഞ്ഞു യഹോവ ദാവീദിന്റെ ദർശകനായ ഗാദിനോട് അരുളി നീ ചെന്ന് ദാവീദിനോട് ഞാൻ മൂന്ന് കാര്യം നിന്റെ മുമ്പിൽ വെക്കുന്നു അവയിലൊന്ന് തിരഞ്ഞെടുത്തു കൊള്ളുക അത് ഞാൻ നിന്നോട് ചെയ്യും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറകാം അങ്ങനെ ഖാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു മൂന്ന് സംവത്സരത്തെ ക്ഷാമമോ നിന്റെ ശത്രുക്കളുടെ വാൾ നിന്നെ തുടർന്നെത്തി നീ മൂന്ന് മാസം നിന്റെ ശത്രുക്കളാൽ നശിക്കുകയോ ദേശത്ത് മൂന്ന് ദിവസം യഹോവയുടെ വാളായ മഹാമാരി ഉണ്ടായി ഇസ്രയേൽ ദേശത്തൊക്കെയും യഹോവയുടെ ദൂതൻ സംഹാരം ചെയ്യുകയോ ഇവയിലൊന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക എന്നെ അയച്ചവനോട് ഞാൻ എന്തൊരു മറുപടി പറയേണ്ടു എന്ന് ആലോചിച്ചു നോക്കുക എന്നു പറഞ്ഞു ദാവീദ് ഖാദിനോട് ഞാൻ വലിയ വിശ്രമത്തിലായിരിക്കുന്നു ഞാനിപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ അവന്റെ കരുണ ഏറ്റവും വലിയതല്ലോ മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുത് എന്നു പറഞ്ഞു അങ്ങനെ യഹോവ ഇസ്രയേലിൽ മഹാമാരി അയച്ചു ഇസ്രയേലിൽ എഴുപതിനായിരം പേർ വീണുപോയി ദൈവം എരുശിലേമിനെ നശിപ്പിക്കേണ്ടതിന് ഒരു ദൂതനെ അവിടെ അവൻ നശിപ്പാൻ ഭാവിക്കുമ്പോൾ യഹോവ കണ്ട് ആ അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ച് നാശകദൂതനോട് മതി നിന്റെ കൈ പിൻവലിക്കാം എന്ന് കൽപ്പിച്ചു യഹോവയുടെ ദൂതൻ യബൂസിനായ ഒർനാന്റെ കളത്തിൻ അരികെ നിൽക്കുകയായിരുന്നു ദാവീദ് തലപൊക്കി യഹോവയുടെ ദൂതൻ വാളൂരി എരുശുലമിനു മീതെ നീട്ടിപ്പിടിച്ചും കൊണ്ട് ആകാശത്തിനും മധ്യേ നിൽക്കുന്നത് കണ്ട് ദാവീദും മൂപ്പന്മാരും രട്ടുടുത്ത് സഷ്ടംഗം വീണു ദാവീദ് ദൈവത്തോട് ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലയോ ദോഷം ചെയ്ത പാപി ഞാനാകുന്നു ഈ ആടുകൾ എന്തു ചെയ്തിരിക്കുന്നു യഹോവി എന്റെ ദൈവമേ നിന്റെ കൈ ബാധക്കായിട്ട് നിന്റെ ജനത്തിന്മേലല്ല എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവിയുടെ ദൂതൻ ഗാദിനോട് ദാവീദ് ചെന്ന് യബൂസിനായ ഒർണാന്റെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണമെന്ന് ദാവിദിനോട് പറവാൻ കൽപ്പിച്ചു യഹോവയുടെ നാമത്തിൽ ഗാദ് പറഞ്ഞ വചനപ്രകാരം ദാവിദ് ചെന്നു ഓർണാൻ തിരിഞ്ഞ് ദൂതനെ കണ്ട് തന്റെ നാല് പുത്രന്മാരുമായി ഒളിച്ചു ഒർണാൻ മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദാവീദ് ഓർണാന്റെ അടുക്കൽ വന്നപ്പോൾ ഓർണാൻ നോക്കി ദാവിദിനെ കണ്ടു കളത്തിൽ നിന്നും പുറത്തു ചെന്ന് മുമ്പിൽ സാഷ്ടംഗം വീണ് നമസ്കരിച്ചു ദാവീദ് ഓർന്നാനോട് ഈ കളത്തിന്റെ സ്ഥലത്ത് ഞാൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയേണ്ടതിന് അതെനിക്ക് തരണം ബാധ ജനത്തെ വിട്ടുമാറേണ്ടതിന് നീ അത് മുഴുവിലയ്ക്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞു അതിന് ഓർന്നാൻ ദാവീദിനോട് അത് എടുത്തുകൊള്ളുക യജമാനായ രാജാവിന്റെ പ്രസാദം പോലെ ചെയ്തുകൊണ്ടാൽ ഇതാ ഞാൻ ഹോമയാഗത്തിന് കാളകളെയും വിറകിന് മെതിവണ്ടികളെയും ഭോജനയാഗത്തിന് കോതമ്പിനെയും തരുന്നു എല്ലാം ഞാൻ തരുന്നു എന്ന് പറഞ്ഞു ദാവിദരാജാവ് ഒർണാനോട് അങ്ങനെയല്ല ഞാൻ മുഴുവിലയ്ക്ക് അത് വാങ്ങുകയുള്ളൂ നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കയില്ല ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല എന്നു പറഞ്ഞു അങ്ങനെ ദാവിദ് ആ സ്ഥലത്തിന് അറുന്നൂറ് ശേക്കൽ പൊന്ന് കൊടുത്തു ദാവീദ് അവടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു അവൻ ആകാശത്തിൽ നിന്ന് ഹോമപീഠത്തിന്മേൽ തീയിറക്കി അവന് ഉത്തരമരളി യഹോവ ദൂതനോട് കൽപ്പിച്ചു അവൻ തന്റെ വാൾ വീണ്ടും ഉറയിലിട്ടു ആ കാലത്ത് യബൂസിനായ ഒർണാന്റെ കളത്തിൽ വെച്ച് യഹോവ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളിയെന്ന് ദാവീദ് കണ്ടിട്ട് അവിടെ യാഗം കഴിച്ചു മോശ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയിരുന്ന യഹോവയുടെ തിരുനിവാസവും ഹോമപീഠവും അന്ന് ദിബയോനിലെ പൂജാഗിരിയിൽ ആയിരുന്നു യഹോവിയുടെ ദൂതന്റെ വാളിനെ പേടിച്ചതുകൊണ്ട് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് അവിടെ ചെല്ലുവാൻ ദാവീദിന് കഴിഞ്ഞില്ല